പ്രഥമലക്ഷണം നല്ല ദോഷം ദ്വിതീയ ലക്ഷണം ദോഷം തൃതീയ ലക്ഷണം ോഷം ഉം അത്രേ ഉള്ളു ചതുർത്ഥലക്ഷണം അവിടെ ദോഷം പഞ്ചമലക്ഷണം അവിടെ ദോഷം മ്മ് മ്മ് മ്മ് ഹ്ം. ലക്ഷണ അതിര്. ഹം. ഹം. ഹം. തിനകത്ത് വന്ന പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ കണ്ടെത്തി എന്ന് ഞാൻ കരുതുന്നു പുതുതായിട്ട് എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ കൊള്ളാം പ്രശ്നങ്ങൾ ഇനിയുമുണ്ട് അത് കണ്ടെത്തേണ്ട ജോലി നിങ്ങളുടെ ഞാൻ പറയുന്നില്ല അത് വ്യാഖ്യാനിക്കുക മാത്രം എൻ്റെ ജോലി ബാക്കി അതിലുള്ള പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ കണ്ടെത്തണം പറയുന്ന മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്രശ്നം കണ്ടെത്താൻ പറ്റും ഇനിയുണ്ട് പ്രശ്നങ്ങൾ കണ്ടെത്താൻ കഴിയുമെങ്കിൽ കണ്ടെത്തുക ഇല്ലെങ്കിൽ ഇത് മതി സംസ്കൃത വ്യാഖ്യാനത്തിൽ കണ്ടെത്താനുള്ള കഴിവൊക്കെ നിങ്ങൾക്കുണ്ടോ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ സംസ്കൃത വ്യാഖ്യാനത്തിൽ കണ്ടെത്താൻ ഉള്ള കഴിവുണ്ടോ ഇനിയുണ്ട് പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ മനസ്സിലാക്കിയാൽ കണ്ടെത്താൻ പറ്റും അടുത്തത് ആറാമത്തെ ലക്ഷണം എന്താണ് അത് വളരെ സ്പഷ്ടമാണ് ഞാനാവിഷയത്വം എന്ന് പറഞ്ഞാൽ ദോഷം സ്വയം പ്രകാശസാധക അനുമാന ആഗമാതിജന്യജാനവിഷയതാ അവിഷയത്തെ കഥപ്രവൃത്തി അനുപത് സ്പഷ്ടമാണ് അതായത് ജ്ഞാന വിഷയത്വം അതാണ് സ്വയംപ്രകാശത്വം എന്ന് പറയുന്നത് ബ്രഹ്മം ചിതാത്മാ അത് ഒരു ജ്ഞാനത്തിനും വിഷയമല്ല ജ്ഞാനവിഷയത്വം അതിലുണ്ട് സ്വയംപ്രകാശമാണ് അപ്പോൾ ആ ഞാൻ അവിഷയത്വമാണ് സ്വയം പ്രകാശത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനത്തിന് വിഷയമേ അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഇവിടെ ലക്ഷണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അടുത്ത് പ്രമാണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു സ്വയംപ്രകാശത്തിന് പ്രമാണമുണ്ടെന്ന് പറയുന്നു ഹനുമാന പ്രമാണത്തെ പറയുന്നു ഇതെല്ലാം പിന്നെ എന്തിനാ കാരണം ഒരു ജ്ഞാനത്തിന് വിഷയമല്ലെങ്കിൽ പിന്നെ ഇത്തരം ചർച്ചകളൊന്നും നടത്തിയിട്ടൊരു കാര്യവുമില്ല എന്തുകൊണ്ട് അതിനെ അറിയാൻ പറ്റില്ല ഒരു അനുമാനം തന്നെ നടത്തുന്നതിന് വേണ്ടി അതിനറിയാൻ വേണ്ടിയിട്ടാണ് ജ്ഞാനത്തിന് വിഷയമല്ലാത്തോന്നതിനെങ്ങനെ അറിയാൻ കഴിയും ജ്ഞാന വിഷ ആ വിഷയം അറിയാൻ കഴിയില്ല എന്നർത്ഥം അങ്ങനെ പിന്നെ ലക്ഷണവും പ്രമാണവും കൊണ്ടുവന്നൊരു കാര്യവും അങ്ങനെ ലക്ഷണത്തിലൂടെയും അറിയാൻ കഴിയില്ല പ്രമാണത്തിലൂടെയും അറിയാൻ കഴിയില്ല ജ്ഞാന വിഷയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചർച്ചയുടെ ആവശ്യമാണ് പിന്നെ വിഷയത്വത്തെ സംബന്ധിച്ച് സിദ്ധാന്തത്തിൽ സിദ്ധാന്തിയുടെ അഭിപ്രായം ഉണ്ട് ഇനി അത് വരും എന്താണ് വിഷയത്വം സിദ്ധാന്തത്തിൽ അത് ജ്ഞാന വിഷയമാകുന്നത് എങ്ങനെ എന്നൊരു ചോദ്യം വരും അതിന് സിദ്ധാന്തത്തിൽ സമാധാനം പറയും ഇതിപ്പോ പുറോഷ് പറയാണ് ജ്ഞാനത്തിന് വിഷയമേ അല്ല ബ്രഹ്മമെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ചിന്തിക്കുന്നത് അറിയാൻ പറ്റുമോ ചർച്ച ചെയ്യുന്നേ അപ്പം നിങ്ങളീത ചെയ്യുന്നുണ്ടെങ്കിൽ ജ്ഞാന വിഷയമായിട്ട് സ്വീകരിച്ചേ പറ്റും എന്നാണ് അതാണ് സ്വയം പ്രകാശത്വ സാധക അനുമാന ആഗമാതിജന്യജ്ഞാന വിഷയത്വേന സ്വയം പ്രകാശത്വ സാധക അനുമാനം അതിൻ്റെ അടുത്ത് പറയും അനുഭൂതി സ്വയം പ്രകാശ അനുഭൂതിത്വ ഇങ്ങനെയൊക്കെ അനുമാനം നടത്തും അപ്പോൾ അനുമാനജന്യ ജ്ഞാന വിഷയത്വം അനുമതി വിഷയത്വം അനുമാനത്തിലൂടെ എന്തുണ്ടാവും അപ്പോ ചിതാത്മാവിനെ സംബന്ധിച്ച് അനുമാനം നടത്തി കഴിഞ്ഞാൽ ചിതാത്മാവിനെ സംബന്ധിച്ചുള്ള അനുമതി ഉണ്ടാവും അനുമതിയുടെ വിഷയം എന്താവും ചിതാത്മാണി പിന്നെ അനുമാനം നടത്തുന്നത് ആണ് സ്വയം പ്രകാശത്വസാധക അനുമാനം അതുപോലെ ആഗമം യസ് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ തുടങ്ങിയ ശ്രുതിയല്ല അതിന് സ്വയം പ്രകാശം എന്ന് പറയണം തത്തുമസിയല്ല സ്വയം പ്രകാശം എന്ന് പറയണം മാഗമജന്യജ്ഞാന വിഷയത്തിന് അതിൽ നിന്ന് അറിയുന്നുണ്ടോ ആത്മാ സ്വയം പ്രകാശം അപ്പോ ആത്മാവ് സ്വയം പ്രകാശമാണ് എന്നുള്ള ജ്ഞാനത്തിന് വിഷയം എന്തായി അപ്പം പിന്നെ അത് അവിഷയമാകുന്നെങ്ങനെ ജ്ഞാനവിഷയം അതാണ് സ്വയംപ്രകാശത്വ സാധക അനുമാനം പിന്നെ ആഗമാദിജന്യ ജ്ഞാന വിഷയത്വേന ലക്ഷണ അസംഭവിതത്വ ഇവിടെ വരുന്ന എന്താണ് ലക്ഷണത്തിൽ അസംഭവദോഷങ്ങൾ ലക്ഷണമെന്താണ് ജ്ഞാനവിഷയത്വം പക്ഷേ സ്വയം പ്രകാശം ജ്ഞാന ജ്ഞാന വിഷയമായിരിക്കുന്ന സ്വയം പ്രകാശത്തിൽ ജ്ഞാന അഭിഷയമെന്നൊരു ലക്ഷണം പറഞ്ഞു കഴിഞ്ഞാൽ ആ ലക്ഷണം ലക്ഷ്യത്തിൽ കാണൂ എന്താണ് ലക്ഷ്യം അതിലെ ലക്ഷണം കാണത്തില്ല ഏത് ലക്ഷണം അസംഭവിത ദോഷം അതാണ് ദോഷം അല്ല പറയണ അങ്ങനെയല്ല അത് ജ്ഞാന അവിഷയമാണ് ശ്രുതി പ്രമാണമുണ്ട് അനുമാനമുണ്ടല്ല ശരിയല്ല എന്നാലും സ്വയംപ്രകാശമായ ആത്മാവ് ഞാന വിഷയമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അങ്ങനെ പിന്നെ നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത് ബ്രഹ്മത്തെക്കുറിച്ച് നിങ്ങൾ ബ്രഹ്മത്തെക്കുറിച്ച് സംസാരിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബോധമുണ്ടായിട്ടാണോ സംസാരിക്കുന്നത് അറിയാത്ത ഒന്നിനെ കുറിച്ചല്ലേ സംസാരിക്കുന്നു അല്ലേ അതാണ് താതി അവിഷയത്വേ ഈ സ്വീകരിച്ചില്ലെങ്കിൽ പ്രമാണജന്യമായ ജ്ഞാനത്തിനും അവിഷയമായി സ്വീകരിച്ചു എന്ന് നിങ്ങൾ അംഗീകരിച്ചു കഥാപ്രവൃത്തി അനൂപത്തെ ഹെ ചർച്ച യാതൊരു ഉപയോഗവുമില്ല കഥാപ്രവൃത്തി അനുപന്നമാണ് എന്നുവെച്ചാൽ അതിനെക്കുറിച്ചുള്ള ചർച്ച ആവശ്യമില്ല കുറവക്ഷ സിദ്ധാന്തമൊന്നും ആവശ്യമില്ല എന്തുകൊണ്ട് പ്രമാണജന്യ ജ്ഞാനത്തിന് വിഷയം അല്ല അതുകൊണ്ട് ആറാമത്തെ ലക്ഷണം ജ്ഞാനാവിഷയത്വം അതിൽ കൂടുതലൊന്നും പറയാനില്ല അതും നിഷേധിച്ചു ഞാൻ ആ വിഷയത്വം പോയി ഇനി അടുത്ത് വരുന്ന ഏതാണ് ഞാനിഷയത്വ സതി ണോ ഞാൻ ആവിഷയത്വ സ്ഥിതി അപരോക്ഷത്വം അത് നോക്കാം ഞാൻ ആവിഷയത്വം എന്ന് പറഞ്ഞപ്പോഴല്ലേ കുഴപ്പം പറയുന്നു ജ്ഞാനത്തിന് അവിഷയം എന്നല്ല ഞങ്ങൾ പറയുന്നത് ജ്ഞാനത്തിന് അവിഷയവുമാണ് സ്വയം അപരോക്ഷവുമാണ് ഇപ്പൊ കുഴപ്പമില്ലല്ലോ ജ്ഞാനത്തിൻ്റെ അത് അവിഷയമാണ് പക്ഷേ അത് സ്വയം അപ്രോക്ഷമാണ് ആത്മാ അപ്രോക്ഷസ്വരൂപമാണ് നാഭി സപ്തമ അടുത്തു പറഞ്ഞു അവിഷയത്വസ്വ അസംഭവന നിരസ്താ ആദ്യം പറയുന്നു അത് ശരിയാവത്തില്ല ഞാൻ അവിഷയത്വ വിശിഷ്ട അപരോക്ഷത്വം എന്നാണ് എന്റെ അർത്ഥം ദണ്ഡവിശിഷ്ടപുരുഷൻ ദണ്ഡമില്ലെങ്കിൽ പിന്നെ ദണ്ഡവിശിഷ്ട പുരുഷനുണ്ടോ ദണ്ഡം ഇല്ല ദണ്ഡവിശിഷ്ടപുരുഷൻ ഉണ്ടോ ജ്ഞാനിഷയത്വ വിശിഷ്ട അപരോക്ഷത്വം അല്ല ജ്ഞാന അവിഷയത്വം അത് നേരത്തെ തന്നെ നിഷേധിക്കുന്ന വിശിഷ്ട അവരോക്ഷത്വം ഉണ്ടോ അത് പോയി അത് ശരിയല്ല ജ്ഞാന അഭിഷയത്വം ചിതാത്മാവിൽ വരില്ല അതുകൊണ്ട് തന്നെ അഭിഷയത്വ വിശിഷ്ട അപരോക്ഷത്വവും വരില്ല അവിഷയത്വസ അസംഭവേന നിരസത്വ അവിഷയത്വം എന്ന് പറയുന്ന അസംഭവമാണ് ദോഷം പറഞ്ഞത് കാരണം ജ്ഞാനവിഷയമായിരിക്കുന്ന പ്രമാണജന്യമായ ജ്ഞാനത്തിന് വിഷയമായിരിക്കുന്ന ചിതാത്മാവിനെ ഞാൻ അവിഷയം എന്ന് പറഞ്ഞാൽ അസംഭവം ലക്ഷണം അവിടെ യോജിക്കത്തില്ല അപ്പോ ഈ ലക്ഷണവും ശരിയാകത്തില്ല അവിഷയത്വസീവ അസംഭവേന നിരസ്തത്വം അത് അവിഷയത്വം അസംഭവദോഷം കൊണ്ട് നിരസിക്കപ്പെട്ടു അതുകൊണ്ട് ശരിയാകത്തില്ല അപ്പൊ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സിദ്ധാന്തി ഇങ്ങനെ പറയുമായിരിക്കും എങ്ങനെ വിഷയത്വശബ്ദന കർമ്മത്വേക്ഷാ ഗുരുമതാസരിണ ആത്മനി അതിവ്യപ്ത ഗ്രാഹകത്ത സിദ്ധ്യത്വ അപ്പോക്ഷതീകാരേ സതി അവരോക്ഷത്വം എന്നുള്ളിടത്ത് ജ്ഞാന ഔഷയത്വം അത് സിതാത്മാവിൽ സംഭവിക്കത്തില്ല അതുകൊണ്ട് ജ്ഞാന ഔഷയത്വ വിശിഷ്ട അവരോക്ഷത്വം ലക്ഷണം ശരിയില്ലെന്നാ പറഞ്ഞു അപ്പം ഇവിടെ സിദ്ധാന്ത പറയുന്നു ജ്ഞാന ഔഷയത്വത്തിന്റെ അർത്ഥം മനസ്സിലാക്കാത്ത കൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നത് വിഷയത്വം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം കർമ്മത്വം വിഷയത്വം എന്ന് പറഞ്ഞാൽ കർമ്മത്വം അപ്പൊ അവിഷയത്വം എന്ന് വെച്ചാൽ അകർമ്മത്വം അപ്പൊ ജ്ഞാനാവിഷയത്വം എന്ന് വെച്ചാൽ ജ്ഞാന അകർമ്മത്വം ജ്ഞാനത്തിന്റെ കർമ്മമല്ലെന്നാണ് പറയുന്നത് അപ്പൊ ജ്ഞാന അകർമ്മത്വ വിശിഷ്ട അപരോക്ഷത്വം എടുക്കും അത് ശരിയാവും അകർമ്മത്വ വിശിഷ്ട നേരത്തെ പറഞ്ഞല്ലോ അഭിഷയമാണെന്ന് പറയാൻ കഴിയത്തില്ല സിതാത്മാവ് പ്രമാണജന്യമായ ജ്ഞാനത്തിന് വിഷയമായതുകൊണ്ട് പൂർവക്ഷണം സിദ്ധാന്തവും പറയണ്ട ഞങ്ങളും പറയുന്നുണ്ട വിഷയം എന്നുണ്ടോ പറയുന്നത് ഞങ്ങളിപ്പോ എന്താ പറയുന്നത് ജ്ഞാന അകർമ്മം ഒന്നാണ് ജ്ഞാനത്തിന് കർമ്മം എന്താ എന്താ പറയുന്നത് അപ്പൊ ദോഷമൊന്നുമില്ല ചിതാത്മാവ് ജ്ഞാനത്തിന് കർമ്മം അല്ല എന്നാ പറയുന്നത് അപ്പൊ അത് കർമ്മമല്ല ിതാത്മാവ് കർമാവണമെങ്കിൽ എന്ത് വേണം പരസംവീത ക്രിയാജന്യ ബലം വരണം ആത്മാവിന് പരസംവീത ക്രിയാജന്യ ഫലശാലി ആത്മാവിന് ആരാണോ അറിയുന്നത് അവനിലുള്ള ക്രിയ ജന്യമായ ഫലം അത് ആത്മാവിന് പറഞ്ഞു ഇതൊന്നും സംഭവിക്കുന്ന കാര്യമില്ല ആത്മാവിൻ ഒരു ഫലവും വരത്തില്ല ആത്മാവിനെ അറിയുന്ന താൻ തന്നെ ക്രിയുമില്ല അപ്പൊ കർമ്മത്വം വരത്തില്ല അപ്പം അകർമ്മമായി ഞാൻ അകർമ്മവും വന്ന് അപരൂക്ഷത്വം വന്ന് ശരിയായി ലക്ഷ്മണ സമന്വയിച്ചു മനസിലായേ എവിടെയെങ്കിലും കർമ്മത്വം പറഞ്ഞെങ്കി എന്ത് വേണം അതില് ഫലം വരണം ഗ്രാമം ഗച്ചതി ഗ്രാമത്തില് കർമ്മം പറഞ്ഞെങ്കി എന്ത് വേണം ഗ്രാമത്തിൽ ഫലം വരണം ഫലം എന്ന് പറയുന്നത് എന്താണ് ഗ്രാമസംയോഗം ചൈത്ര ഗ്രാമം ഗച്ചതി ചൈത്രന്റെ ഗ്രാമസംയോഗമാണ് ഫലം പിന്നെ ചൈത്രനിൽ എന്ത് വേണം ക്രിയക്രിയാജന്യമായ ഫലശാലിത്വം വരണം ഇവിടെ ആത്മാവെന്ന് പറയുന്നത് ചിതാത്മാവെന്ന് പറയുന്നത് നിർധർമ്മമാണോ ഒരു ഭര വരത്തില്ല പിന്നെ അറിയുന്നവനും ആത്മാവാണ് അവന് ക്രിയയും വരത്തില്ല പരസവേദ ക്രിയാജന്യ ഫലശാലിത്വം അവിടെ എന്ന് പറഞ്ഞാൽ കർമ്മത്വം വരത്തില്ല ഞാൻ അകർമ്മത്വം വന്നു അവിടെ എന്തുവന്നു ഒരുപക്ഷത്തും ശരിയായി പറയുന്നു ദോഷമുണ്ട് എന്താണോ ഗുരു ഗുരു ത്രിപുടി വാദിയാണ് മാനം മിതി മേയം മൂന്നും ഒരേ സമയം ഭാസിക്കുന്നു എന്നാണ് അയം ഘട ഏതത് ഘടാനവാനം ഇങ്ങനെയാണ് ജ്ഞാനത്തെ സ്വീകരിക്കുന്നത് ഗുരുവിൻ്റെ ജ്ഞാനം ഇങ്ങനെയാണ് ഒറ്റ ജ്ഞാനമാണ് അയം ഘടക ഘടവിഷേക അഹം ഇവിടെ ഞാൻ ഘട ഘടം പിന്നെ ജ്ഞാനം മൂന്നും ഉണ്ട് മൂന്നോടെയുണ്ട് അവിടെ ഘടഞാനം ഉണ്ടാകുമ്പോൾ ജ്ഞാനവാൻ അഹം എന്നാണ് അനുഭവം അപ്പം ജ്ഞാന ആശ്രയത്വേന് തൻ്റെ പ്രത്യക്ഷം ഉണ്ടാകും എന്നാണ് എന്നുവെച്ചാൽ തൻ്റെ താൻ തനിക്ക് അപരോക്ഷമാകുന്നു ജ്ഞാന കർമ്മത്വേന അല്ല ജ്ഞാന ആശ്രയത്വേന ഞാനുണ്ടാകുമ്പോൾ താനും തനിക്ക് പ്രത്യക്ഷമാകുന്നു വിഷയം എങ്ങനെയാണോ പ്രത്യക്ഷമാകുന്ന ഘട്ടം അതുപോലെ താനും തനിക്ക് പ്രത്യക്ഷമാകുന്നതുകൊണ്ടാണ് ജ്ഞാനവാൻ അഹം എന്ന് പറയുന്നത് വിഷയകാന് അഹം എന്ന് പറയുന്നത് എങ്ങനെയാണോ വിഷയം പ്രത്യക്ഷമാകുന്നത് അതുപോലെ തനിക്ക് താനും പ്രത്യക്ഷമാകുന്നു എങ്ങനെ ഞാൻ ആശ്രയിച്ചു എന്നു പ്രത്യക്ഷമാവുന്ന അപരോക്ഷമായി അപ്പോ തന്റെ ആത്മാവ് തനിക്ക് പ്രത്യക്ഷമായി അപരോക്ഷമായി അതെങ്ങനെ ഞാൻ ആശ്രയിത്തുവേന എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ല ഞാൻ കർമ്മത്വേനല്ല അപ്പോൾ ലക്ഷണം അവിടെ യോജിച്ചു പ്രഭാകരൻ പറയുന്ന ഗുരുവിന്റെ ആത്മാവിനെ ലക്ഷണം സമന്വയിച്ചു എന്താണ് ലക്ഷണം അകർമ്മത്വസതി അപരോക്ഷത്വം ആത്മാവ് അപരോക്ഷമാണ് അറിയുന്നല്ലേ ഞാൻ ജ്ഞാനവാൻ അഹം അപരോക്ഷമാണ് ഞാൻ ആശ്രയിത്തു ഞാൻ അപരോക്ഷമാണ് ആശ്രയം ആ കർമ്മമല്ല ഞാൻ അകർമ്മത്വസരോക്ഷത്വം പ്രാഭാകരസമ്മതമായ ആത്മാവിനും പോയി പോയിക്കോട്ടെന്താ കുഴപ്പം അപരോക്ഷത്വം കൊണ്ട് ഞാൻ അകർമ്മത്തോണ്ട് ശരിയായില്ല എന്താ കുഴപ്പം സ്വയം പ്രകാശം അപരോക്ഷമാണ് പക്ഷെ സ്വയം പ്രകാശം വ്യത്യാസം പ്രഭാരം പറയുന്ന ആത്മാവ് അപരോക്ഷമാണെന്തുകൊണ്ട് ജ്ഞാനവാൻ അഹം തന്നെ അറിയുന്നു താൻ തനിക്ക് അപരോക്ഷമാണ് പക്ഷെ സ്വയം പ്രകാശം അല്ല അല്ല നമ്മുടെ വ്യത്യാസമാണ് സ്വയംപ്രകാശമല്ലാതെ ഗുരുവിന്റെ ആത്മാവിൽ ലക്ഷണം പോയി കഴിഞ്ഞാൽ എന്തു വരും അതിവ്യാപ്തി അന്യത്ര പോയി ലക്ഷണം അതാണ് ഇവിടെ പറയുന്നത് അവിഷയത്വ സീവ അസംഭവന നിരസ്തത്വ വിഷയത്വ ശബ്ദേന കർമ്മത്വക്ഷ വിഷയത്വം എന്നുള്ളത് കൊണ്ട് കർമ്മത്വത്തെ എടുത്തു കഴിഞ്ഞാൽ ലക്ഷണാർത്ഥമാവും ആ വിഷയത്വം എന്ന് വെച്ചാൽ അകർമ്മത്വം എന്ന് വരും അത് നമ്മൾ മനസ്സിലായിക്കൊള്ളുന്നു ഗുരുമത അനുസാരണ മാതനി അതിവ്യക്തേ ഇത് ദോഷം അനുസാരിയായിട്ടുള്ള ആത്മാവിൽ അതിവ്യാപ്തി അദ്വൈതയുടെ ആത്മാവിലല്ല പിന്നെയോ ഗുരുമത അപ്പം രണ്ടുപേർക്കും ആത്മാവ് രണ്ടാണ് ആത്മാവ് ഒന്ന് തന്നെ പക്ഷെ അവരുടെ അഭിപ്രായം വേറെ ഗുരുവിന്റെ അഭിപ്രായം ആത്മാവിനെ കുറിച്ച് വേറെ അതുകൊണ്ടാണ് പറഞ്ഞത് ഗുരുമത അനുസാരണ ഗുരുമത അനുസാരണം ആത്മനി അതിവ്യാപ്തി ഗുരുമത അനുസാരിയായിട്ടുള്ള ആത്മാവിൽ അതിവ്യാപ്തി വരുന്നു തസ്യ ഗ്രാഹകതയാണ് സിദ്ധസ്യ അത് ജ്ഞാനഗ്രാഹകമാണ് ഇവിടെ ജ്ഞാനഗ്രാഹകം എന്ന് വെച്ചാൽ ഞാൻ ആശ്രയിച്ചു എന്ന സിദ്ധസ്യ എന്നർത്ഥം അവിഷയത്വി എന്നുവെച്ചാൽ അത് അകർമ്മമാണ് അപരോക്ഷീകാര അപരോക്ഷ അപരോക്ഷത്വം അവരംഗീകരിച്ചിരിക്കുന്നു അവരുടെ ആത്മാ എന്നാ സ്വയം പ്രകാശം അല്ല എന്ന് പറയുന്നത് തസ്യഗ്രാഹ തസ്യന്ന് പറഞ്ഞാൽ എന്താണ് തസ്യ എന്താണ് ആത്മാ ഗുരുവിന്റെ ആത്മാ ആത്മാ പറഞ്ഞ പോലെ ആ ഗ്രാഹകഥയാ സിദ്ധസ്യ ഞാൻ ആശ്രയിക്കുവിനെ സിദ്ധസ്യന്ന് ത്രിപുടിയിലെ ുള്ള ആ ജ്ഞാനത്തിൻ്റെ ആശ്രയമായ ശിദ്ധമായ അവിഷയത്വേദി അവിഷയമാണോ എന്ന് വെച്ചാൽ അകർമ്മമാണോ അത് അകർമ്മമാണ് അപരോക്ഷതായ തീരംഗീകാര അപരോക്ഷമായിട്ടവർ അംഗീകരിച്ചിരിക്കുന്നു ആശ്രയെന്ന് പറഞ്ഞിരിക്കുന്നു പുസ്തകത്തിന്റെ ആശ്രയമാണ് അത് കർമ്മമല്ല കർമ്മം എന്ന് പറയുമ്പോ എന്താണ് പരസമേത ക്രിയാജന്യ ബലശ്ചാരിത്വ അത് വേണ്ട ആശ്രയത്തിന് അത് അനുഭവത്തിലോട്ട് അറിയാം ജ്ഞാനവാനഹം ജ്ഞാനത്തിൻ്റെ ആശ്രയമാണ് ഞാൻ ഇത്രയുള്ള അവിടെ കർമ്മത്വം വരുന്നത് അപ്പം അകർമ്മമായി കർമ്മമല്ല എന്നാൽ അത് അപരോക്ഷമാണ് അപ്പം ഞാൻ ആ വിഷയത്വം എന്ന് വെച്ചാൽ ഞാൻ ആകർമ്മത്വം ഞാൻ അകർമ്മത്വം വന്നു അപരോക്ഷത്വം വന്നു പ്രഭാകരന്റെ ആത്മാവിനു പക്ഷെ എന്തില്ല സ്വയംപ്രകാശത്തുമില്ല ആ ലക്ഷ്യത്തെ ലക്ഷണം പോയി അതിവ്യാപ്തി അടുത്തത് ഇത്രയിരിക്കട്ടെ പഠിച്ചാ